ിൽ നിന്നുള്ള രണ്ട് കാര്യങ്ങൾപ്പെട്ട ചിലരാതുക്കിണ്ടാക്കിയില്ല അഹദ അതിൽപ്പെട്ട ഒന്ന് അള്ളാഹു പാലങ്ങ താരയോട് ഇസ്ക് പ്രകടിപ്പിക്കുന്ന വിഷയത്തിലുള്ള നീണ്ട പരിധി ചില കലാപുകളാണ് ആ പൂർവ്വകാലത്തൊന്നും അങ്ങനത്തെ ഇസ്ക്ന്ന് പ്രകടിപ്പിക്കുന്ന പാട്ടും പദ്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല അതുപോലെ തന്നെ വിസാലും സൂചിപ്പിക്കുന്ന പാട്ടിൽ എങ്ങനത്തെ വിസാൽ അൽമോഹനി അനൽറായ അമാനം ഇനി ആവശ്യമില്ല എന്ന് എത്തിച്ചിരുന്നതിന് എനിക്ക് എത്തിയിട്ടുണ്ട് അന്നയും പടപ്പും ഒന്നായി എന്ന് വാദിക്കുന്നതിലേക്ക് വരെ എത്തിച്ചേരിണ്ടാമില്ലാ കണ്ടും ഒന്നും ഇത്തി അതുപോലെ വേർത്തി ഹിജാബ് അന്നാന്റെ അടിയിലെ ഹിജാബ് ഉയർത്തപ്പെട്ടു പോയി അതുപോലെ അത് ഹിജാബ് ഇന്നാണ് ഹിജാബിനുള്ള മുസാഹദയും ഉയർത്തപ്പെട്ടം കിട്ടല് അതുപോലെ എങ്ങനത്തെ മുഷാഹദ റൂയത്തോടുള്ള മുഷാഹദ മറ്റേ മുഷാഹിദയെ പറ്റി നമുക്ക് തർക്കമില്ലല്ലോ ഏത് മാനവീയായ ബസീറത്തുകൊണ്ടുള്ളത് അതോടെ പോലെ മുഷാഫഹത്ത് ബിൻ കിതാബ് നേർക്കുനേരം ബായി സംസാരിച്ചു എന്നല്ല എന്ന പാട്ടിന്റെ അറിയിപ്പിലുണ്ടായിരുന്നു അന്നാണ് ലിസ്റ്റ് വെച്ച് ഇത് കണ്ടുമുട്ടി എനിക്ക് വേണ്ട രണ്ടാൾ ഒന്നായി പിന്നെ ഹിജാബ് ഉയർത്തി ഭാഗത്തൊക്കെ എന്നോട് പൊന്തിച്ച് പിന്നെ ഇരിക്കുമെന്ന് പറഞ്ഞ് പിന്നെ ഈ ബായി കൊണ്ട് സംസാരിച്ചുപോലും എന്നിട്ട് പയക്കൂലൂനോറ് പറഞ്ഞു കീലനാ കഥ നമ്മളോട് ഇന്നതാ പറഞ്ഞത് പറച്ചോനി ഏ വക്കൂലിനാ കഥ നമ്മ അങ്ങോട്ട് ഇന്നത് പറഞ്ഞു വീ എന്നിട്ട് ഓർ അതിനെ തശപ്പു ആക്കുന്ന ആരോടാ ഹൃസൈന പിന്നെ മൻസൂരിൽ അല്ലാതിരോടാണ് മിയാസാക്കുന്നത് ഓരോ അങ്ങനെ ആക്കീനും ഓരോ നമ്മളിങ്ങനെ ആക്കുന്നുണ്ട് കേട്ടോ അല്ലെ സുലിമാലി അജലി ഇത്തരാക്കി കരിമാതൽ ജിൻസ് ഈ ജിൻസിൽപ്പെട്ട ചില കരിമാത്ത് പ്രയോഗിച്ചതിനാണ് ഓർക്കെന്താ ലുഖുമതം ഏറ്റേണ്ടി വന്നത് ഓരോ ദശപ്പുവാൻ വയസ്തീന്ദ്ര സാക്ഷ്യം പറയുന്നത് അനൽ അനൽ ഹാക്ക് എന്ന് പറഞ്ഞു അതാണ് ഓറെ സാക്ഷി എന്താ ചിലപ്പോ അല്ലാതെ മാത്രല്ല അഭിമാക്കിയാൻ നവീയുബാനി സുബഹാനി ന്ന് ഓറ് പറഞ്ഞു പോലും ഇതൊക്കെയെന്ന് ഓർ തെളിവ് വരും അതുകൊണ്ടാണ് ഞമ്മൻ പറയുന്ന സിനിമ സംബന്ധിച്ചിടത്തോളം വളരെ നററുണ്ടാക്കുന്ന വലിയ ബമ്പാസ്റ്റർ ബൈബിച്ച് ഒരു കലാമായി പറഞ്ഞിരുന്നു അതീതന്നെ ആകെ പോയില്ലേ അപ്പൊ ഹത്താത്തറക്കെ ജമാലിൽ ഫലാഹത്തി കൃഷിക്കാടായ കുറെ ആളുകൾ കേട്ടുപോയി ഓറെ പണിയിൽ നിർത്തിവെച്ച ഫലാഹത്ത ഇവിടെ കൂടെ കൂടി കഴിഞ്ഞാൽ പിന്നെ ഞമ്മ നേരം പിന്നെ കൃഷിപ്പണിയിലിപ്പോ നിർത്തിയിട്ട് ഇപ്പൊ അവളാരൊക്കെ കൂടി കേട്ടാ വാ അതോ മിശ്രഹാദി ഇത്തരത്തിലുള്ള താതകളും പ്രകടിപ്പിക്കാൻ തുടങ്ങി ഒരു കണ്ണിലിങ്ങനെ മേലോട്ട് മടിച്ചനു ഒരു പൊടി തുന്നവരിട മസ്താൻ പോലും അത് കുറച്ചൊക്കെ അറുപണോനായി ഒരാളൊക്കെ കൂടനായി ഫൈൻ ഹാഗൽ ഈ കലാമ് എത്ര ഇതുഹത്തോ കേൾക്കാൻ നല്ല വാങ്ങുണ്ടാവും പക്ഷെ ഇതിന്റെ ആശയത്തിലേക്ക് കടന്നാൽ നമ്മൾ അധികം കോട്ടയുണ്ടേ കേട്ടാ ഈ ദീങ്കിൽ ബത്താലത്തോ ഇങ്ങനെ അയമാണീ കാരണം അയമാനത്തട്ടോ ഇങ്ങനെ നല്ല റെസ്റ്റ് എടുക്കാം ഇതിനൊന്നും പണ്ടല്ലോ വിശകാലം മാ തവിറ്റിയത്തിന്റെ നെഫ്റ്റാണെങ്കിലും വലിയ പോരി ചവിട്ടിയില്ലേ ഓരാര അല്ലാതിന്റെ പോരി ആയില്ലേ യൂത്തിരി ബീതടുക്കിൽ മക്വാമാഹ്വാൾ വലിയ വലിയ വലിയ മക്വാമാത്തും നെഹ്വാദും കിട്ടിയിട്ട് നെഫ്റ്റടത്തി മുഞ്ചാളായി തോന്നുന്നു പോയത്തക്കാർ ആയ ആളുകൾക്ക് ഇങ്ങനെ എന്തല്ലേ ഓറെ ലെഫ്റ്റിന്റെ വേണ്ടി ബാധിക്കാൻ യാതൊരു പഞ്ഞുണ്ടാവില്ല എന്നാണ് പറയുന്നത് നമുക്കല്ലേ കുത്തി പ്രയാസായി തോന്നല് പോയത്തക്കാർക്ക് ഇത് അതിനെടുപ്പുള്ള കാര്യം എന്തും ബാധിക്കാം മാത്രമല്ല വലി മല ആൻഡ് തലക്കൊക്കെ കരിമാസിൻ മുഹബത്തും മുതഹറഫത്തിൻ ആറ്റേക്കുഴപ്പം ഉണ്ടാക്കുന്നതും കേക്കാൻ നല്ല ചെറുക്കമുള്ളതുമായ കരിമാസുകള് കൂട്ടിച്ചിരത്തിൽ പറയാൻ എന്താ പ്രയാസമുള്ളത് ഇപ്പൊ മഹുമാ റാലിയും നാടിക്ക ഇവരെ പോടാണ് ആരെങ്കിലും ഇങ്കാറ് പറഞ്ഞു പോയങ്കിലോ വിടൂല നീ അവലേക്കും എതിരി കാണുക നീങ്ങുക ൂരു ഓർക്ക് പറയാൻ ഓർക്ക് ഒരു മടിയുമില്ല ഹാദാ ഇൻകാറുൻ ഇതുമല്ലാ തിങ്കാറാന്ന് മാസ്തറുഹോ അതുണ്ടായത് അൽ ഇൽമിതാൽ നിങ്ങൾ പഠിച്ച ഇൽമ നിങ്ങൾ പഠിച്ച ഇതൊക്കെയാണ് നമ്മൾ ഇൻകാറാക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു ഹിജാബ് നിങ്ങൾ പഠിച്ച ഇൽമി ഹിജാബാന്ന് ഞമ്മളെ കാര്യം തിരിയാണി വൽ ജഗലോ അമല ജഗലാണെങ്കിലും അമലൻ എഫ് സാന്ന് ഈ തർക്കങ്ങളൊക്കെ ഹരീഷുണ്ടല്ല ഇതെല്ലാം അത് തെങ്ങി തൊളിങ്ങി വെച്ചു ബാത്തിനിന്ന് വരുന്നു എങ്ങനെ നൂറ് മുക്കാശഫിയാകുമ്പോൾ ബാത്തിനു ഒളിഞ്ഞി വരുന്ന നൂറാതി പറഞ്ഞത് ഞാൻ എന്തെങ്കിലും യാത്രയാക്കാൻ പോയി എന്നോട് പറഞ്ഞാൽ ഇവിടെ ചേപ്പന റാസീപല്ലെന്നുണ്ട് മുക്കാദി ഇവിടെ ഇന്നോ റെസ്ട്ടൊന്നും റാസീബിനെ ഒളിഞ്ഞ് കേട്ട് മഴല്ലടിച്ചിട്ട് ൊല്ലൊടുക്കുമ്പോ അടി അന്ന ഇങ്ങനെ കുറെ ചൊല്ലി പിന്നെ ഇതാ ഹി എന്താ ചൊല്ലിനു ശേഷം അക്കന്മാർ ഔടിയക്കന്മാർ അവളെ അക്കമാർ അക്കമ്മ മുപ്പത്തി മറ്റേ സുഹാൻന്താ ചൊല്ലിക്കൊടുക്കുമ്പോ കടലും കഴിയും നീഞ്ഞോക്കുന്ന കാര്യം മരം പിടിക്കുന്ന ആണ് മാതിരി അരക്ക് തുണി മാത്രം ഇങ്ങനെ ഒന്ന് കിട്ടി മറ്റേ തവാസിനാണ് ഒരുപോലെ ഒരു പച്ച ഒരു തിഹു എന്റെ ജില്ലയ്ക്ക് എന്താന്ന് നിങ്ങൾക്കൊന്നും അർത്ഥം തിരിഞ്ഞെടുക്കാം കടലും കഴിച്ച് കടലും കരയൊക്കെ പഠിച്ച നിയന്ത്രിക്കുന്ന ഓണി അമ്പിയന്ന അർത്ഥത്തിനാണ് നമ്മൾ ചെല്ലുന്നത് പിന്നെ മൻ ഡഹൻ ബത്തിൽ അക്ഷരം എന്തിക്കുകയാണ് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാലും ഒരോട് ചെല്ലുന്നില്ല അപ്പൊ അതിയക്കന്മാരോട് ഇഷ്ടം ബന്ധമുണ്ടാകന്മാർ അവിക്കന്മാർ അവിക്കന്മാർ അതെ അതെ നമുക്കൊന്ന് ഇല്ല ൾ നാട് മുഴുവനും പറഞ്ഞു പിടിച്ചിരിക്കുകയാണ് കൂട്ടത്തിൽ തന്നെ ആണെങ്കിലോ വല്ലാണ്ട് ശക്തി ചെരുത്തിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള കാര്യം വല്ലതൊരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്താക്ക് ജീവ കൊടുക്കുന്നതിനേക്കാൾ ഇങ്ങനത്തൊരാളെ കൊല്ലലാതെ പത്താവ ജീവിപ്പിക്കുന്നതിനേക്കാളാണ് ഇങ്ങനത്തെ ആളെ കൊണ്ടു കിട്ടില്ല പിന്നെ അഭിജുദത്തിൽ ഭിത്താമിക്ക് പതിനാ പറയുന്നോക്കാം വം മാധ്യമത്തിൽ ആ ഐക്യാ ചെയ്യപ്പെട്ട കാര്യം ഓക്കത്ത് സഹിയായി വന്നിട്ടേയില്ല ിക്കം ഇന്നു അങ്ങനെ വല്ലതും ഉണ്ട് എന്ന് വന്നാ തന്നെയും അള്ളാനത്തോട്ട് ഹിക്കാറ്റായിട്ട് പറഞ്ഞതാവാണോ എന്ന് പറഞ്ഞാൽ എന്നാലധിക്കുന്നോ അന്നമത്വം തന്നെ ഹിക്കാറ്റല്ലേ ഹീ കലാമിൻ ഓർ ധർവീതാക്കൾ ചില കലാമിൽപ്പെട്ടതാണ് സുമഹാനി നന്നാവുത്താന പറഞ്ഞാൽ ഹിക്കാറ്റ് كما لو سمعه دم ولا وركة مركبه ويقول إنني أن الله لا إله إلا أنا فاعبدني وذنعن ربنا أن الله لا رضيك ونعجر قلت له سورة الظاهرة لا أتلقى فإنه ما كان ينبغي أي فهم منه ذلك إلا على سبيل الهكاية يعني السنف الثاني عندما تسنفه دار عندما تسنفه دار منه من الشتحل من كلمات غير مفهومة لها لواهر لها لواهر ഒരു ഹൈതമപ്പുഹവമായ കലാമ് അതിനെ കേൾക്കാതല്ല ചൊറുക്കുള്ള മാഹിരുണ്ട് മാത്തില്ലോ വളരെയധികം ഭയാനകമായ അർത്ഥം സൂചിപ്പിക്കുന്ന ഇബാറത്താണ് മനസ്സിലാക്ക അതിന്റെ അർത്ഥം വെച്ച് നോക്കിയാൽ ഇതൊക്കെ ഉണ്ടാക്കി പറഞ്ഞു വെച്ച് അർത്ഥമായാലും വെച്ച് നോക്കിയാൽ എന്തെങ്കിലും വല്ല ഫൈൻഡും കിട്ടിയിട്ടുണ്ട് ഒരു ഫൈൻഡ് ആരും കിട്ടിയിട്ടില്ല പറഞ്ഞാൽ പോലെ കേട്ടാകൂല ിഹ ഒന്നിക്കല പറഞ്ഞാൽ തന്നെ തിരിഞ്ഞില്ല എന്നതിന് അർത്ഥമില്ല അവന്റെ അഖിലിലെന്തോ കബത്ത് കുടിയ വകയിൽ ഓനെന്തോ പിച്ചും പറയുന്നില്ല അതിനൊക്കെ അർത്ഥമൊക്കെ ഞാൻ എന്താ ഇവിടെ ആക്കി കിട്ടുക ആ കലാമിനെ പൊക്കിപ്പിച്ചിട്ട് വശീശിൻ തീ ഖയാലിഹി അല്ലെങ്കിൽ അവന്റെ ഖയാലിലെന്തോ തശവീശ് വന്ന വകയിലേക്ക് ചെന്നൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതങ്ങതന്നെ എടുക്കുക ജോറ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ സംശയം തിഹാസത്തിൻ ഇവന്റെ തട്ടി ആ കലാമിന്റെ അർത്ഥം എന്താണെന്ന് അയാൾക്കൊന്നും അറിൂടാം മഹാബാഹുവല്ലാത്ത സാറു ഇതാണ് ധാരാളമായി വൈഭവിക്കുന്നത് ഇത് ഒരർത്ഥം ഇല്ലാത്തത് വൈമപ്പുഹൂമ് വൈമാൻ തക്കോലം അപ്പഹൂമത്തല്ലഹു ചിലപ്പോഴും അപ്പുഹൂമത്താകാം പക്ഷെ വലാഖിന്റെ മുലായക്കെതിരോ അലാ തീമിഹ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടില്ല ഈനസിന്റെ അറിഞ്ഞിലാൻ മറ്റൊരാൾക്ക് പറഞ്ഞുകൊടുക്കട്ട് ഇമാരത്തു പറഞ്ഞു കൊടുക്കാൻ കഴിയണ്ടേ അത് കഴിയാത്തുണ്ടാവും വയ്യാധിഹാമി ഇമാരത്തിന്റെ തതിൽ അലാ അമീലിഹി അവന്റെ ഉള്ളിലിരിപ്പിനെ കുറിച്ച് അറിയിക്കുന്ന ഇമാരത്തുകൊണ്ട് അത് വ്യാഖ്യാനിച്ചു പറഞ്ഞു കൊടുക്കാൻ കഴിയൂല അതുകൊണ്ടാണ് അവന്റെ പരിചയമില്ല മനസ്സിൽ വരുന്ന അൽഫാ മഹാനിണ്ടല്ലോ ആ മഹാനിക്ക് പറ്റുന്ന അൽഫാദുകൾ ഉപയോഗിച്ചിട്ട് മറ്റൊരാൾക്ക് പറപ്പിച്ചു കൊടുക്കാൻ ചെയ്തു പിടിക്കുന്നുണ്ടല്ലോ ഭയാന് ചെയ്യാനല്ലേ ഈ തിരിയാത്ത കാര്യം രീതിയിൽ അവതരിപ്പിച്ചാലും ഏതാണ്ട് തിരിച്ചു കൊടുക്കാമെന്നുണ്ടായാലും ഒരു മന്ത്രിക്ക് അവര് ചെയ്യുന്നത് അയാൾ അവൻ കുറിച്ചിട്ടില്ല വനാ പായ്താതൽ ജിൻസിമിനെൽക്കലാം ഈ കലാവിൽപ്പെട്ട ജിൻസുകൊണ്ട് യാതൊരു പായ്തയുമില്ല ഇല്ലുശ്വിൽ അഗനികളെ അമ്പറപ്പിലാക്കാനും കൽവുകളെ തസ്ലീശാക്കാനും അത് ബുദ്ധികൾക്ക് സഹജ്യതുണ്ടാക്കാനുമല്ലാതെ മറ്റൊന്നിനും പറ്റൂല <Suchat>, life, I, I faith, the so, life, ോ അതിന് ചുമത്തപ്പെടണം എന്തെ അലാഹമിന്ന ഈ ശതഹാസിൽ നിന്ന് ബഹുമതിയല്ലേ മഹാനി ചില മഹനവർ എങ്ങത്തെ മാനി മാ ഉദസിഹ ഇതുകൊണ്ട് ആ മാന ഉദ്ദേശിക്കപ്പെട്ടിട്ടില്ല ഉദ്ദേശിക്കപ്പെടാത്ത വേറെ ഏതോ മാനും കമ്പിലേക്ക് കടന്നു വരും പക്ഷേ ആ ഫഹമിന്റെ ആളോ അവർ വരെ ഫഹമനുസരിച്ചായിരിക്കും അർത്ഥം ഇല്ല വയക്കോട് ഫഹമുക്കുല് വാഹദിൻ അരാ മുക്താ ഹാഹു വത്ത അനുസരിച്ചായിരിക്കും ഇല്ലാത്ത നിങ്ങളിൽപ്പെട്ട ഒരാള് ഒരു കോമിനോട് ഹരീഫ് സംസാരിച്ചു ഒരു വാർത്ത പക്ഷെ അത് ഓർത്തിരില്ല എന്നാൽ ആ കേട്ടാത്ത ഒരു ഭിത്തിനായി മാറാൻ വിട്ടില്ല എന്നാണ് കാട്ടാണ് പലതരത്തിലായി വ്യാഖ്യാനിക്കും ഓറ് പറഞ്ഞെന്താന്ന് പറയും വിമാതാവ് ഞങ്ങൾക്ക് പറയാനറിയത് ഈ പറഞ്ഞു വക്കാല സ്വണ്ണം വാഹു ഹലിമസം കല്ലിമുന്ന തരി ജനങ്ങളോട് സംസാരിച്ചത് അവർക്ക് തിരിയുന്ന ജയിലിലായിരിക്കണം മതവും ആ യൂക്കീറുവിന് അവർ ഇഞ്ചാറാക്കുന്ന കാര്യങ്ങൾ എന്താക്കണം പെട്ടണോ ആ സൂര്യ ഇരുവനായി റസൂലും അള്ളാഹും റസൂലും കളവാക്കപ്പെടാൻ നിങ്ങൾ വിചാരിക്കുന്നത് പോകുന്നു കാരണം ജനങ്ങളെ അങ്ങരിക്കാൻ എടുക്കുമ്പോൾ ഓർക്കൊണ്ടുണ്ടാക്കി അള്ളാഹു റസൂലിനെതിരെ കളിവറകേണ്ടി വന്നിട്ടുണ്ട് ഏഹ് അത് നിങ്ങളൊന്നും അറിയില്ല പോന്നല്ലോ ഇപ്പറത് ഹീമാബുഹു ഇവിടെ സാഹിബിന്റെ അധികൂല്ല പക്ഷേ വല ജഹനമുഹു അക്രൽ മുസ്തമീന്റെ കൽപ്പിനോട് ഇവിടെ പോട്ടേണ്ടത് വറബരായർത്തേക്ക് എത്തിട്ടില്ല അവ ഫകൈഫ ബീമാ നായഫഹമുഹു ഖായിലുഹു ഖായില്ല മോനെ മറയാട്ട كلام വർന്നണ്ട് ഇന്നിർത്ഥമുണ്ടായി ഹൈല്ല നടന്ന മുത്തമീന്ന് അർത്ഥിക്കുക പിന്നെ എന്തിനേ ഈ كلام ഫൈഖാനയ ഫഹമുഹുൽ ഖായിലു ഖായില്ല തിരിഞ്ഞ തന്റെ ദൂനൽ മുത്തമീ മുത്തമീനെ ദൃശ്യുണ്ടാ നോക്കാം എന്ന തന്റെ ഫല യഹല്ലിദുഹു പറയൽ ഹലാലല്ല എന്നല്ലേ പറഞ്ഞു فقال <سؤال> إيسا عليه السلام رضي الله تنقل الحكمة عند غير عهدها حكمة لإنجال وقام بار الله أرهاد إلا تعلق رضي الله عمنا فتظلموها ننجل عظل ونظلم جيدا لهم وضرستي في غير محل لهم ولا تمنعوها أجلها فتحي أعلى لطفة تغيانا بار الله تغنالو فتظلموهم عبرون ونظلم جيدا لهم عبرت الله بغا شكورتر دلله ോ നിങ്ങളാകണം കത്തബ നല്ല കാരുണ്യമുള്ള ഡോക്ടർമാതിരിയാകണം എല്ലാ മരുന്ന് രോഗിക്ക് പാലിക്കൊടുക്കൂല ആവശ്യമുള്ള മരുന്ന് കൊടുക്കാതിരിക്കുകയും ചെയ്യൂല അതിന്റെ പാക്കേഡ് ഉണ്ടാക്കിയ മരുന്ന് ചില രോഗിനെ കൊണ്ടു ഒന്നിക്കില്ല രോഗത്തിനനുസരിച്ചുണ്ടാക്കും അയാളെ മരുന്ന് ചിലവാക്കും അർഹതയില്ലാത്ത ആളുകൾക്ക് ഹിക്കിമത്തിന് വെച്ചു കൊടുത്താൽ അവൻ ജാഹിലാകുന്നു അതെത്തുകൊണ്ട് തന്നെ അർഹതയുള്ളവർക്ക് തടഞ്ഞാലോ അവൻ ദുൽമു ചെയ്തവനുമായി ഇന്നൽ ഹിക്കിമത്തി ഹക്ക ഹിക്കിമത്തിനോട് ഹക്കുണ്ട് വൈന്നലഹാ അഹിലൻ അത് ആർക്ക് കൊടുക്കണം അതിന് അവകാശപ്പെട്ട ആളുകളും ഉണ്ട് അത് അതുകൊണ്ട് അവകാശികൾക്ക് അവകാശം കൊടുത്തുകൊണ്ടുവാന്ന് മാത്രം അപ്പൊ ശതഹിനെ പറ്റി പറഞ്ഞു ഇനി ഏതാണല്ലോ ഈ പാമാനെന്ത് തന്നെ ശതഹിന്റെ പറഞ്ഞ ദോഷങ്ങളൊക്കെ അതിലുണ്ട് അതാ തമ്മത്ത് പറയുന്നുണ്ട് ശത്തഹിന്റെ പറഞ്ഞ എല്ലാ ദോഷങ്ങളും അതിനുള്ളതിനപ്പുറം വാമ്രുഹറുഹ അതിന്റെ പ്രത്യേകിച്ച് വേറൊരു കാര്യമുണ്ട് അപ്പൊ എന്താ ഈ ശതഹിനാക്കാണ് കൊണം കട്ടത ആ ദോഷങ്ങൾക്ക് പുറമെ ഒന്നും കൂടെ ഉണ്ടെന്നല്ലേ പറയുന്നു ആ ലതുകള അതിന്റെ മാായ അർത്ഥവും പോട്ടിട്ട് മാറ്റി അർത്ഥം വക്കലേ അതിന്റെ മനസ്സിലാകുന്നർത്ഥത്തിൽ നിന്ന് ഇല ഉമ്മോയും എങ്ങനത്തെ ആയനെല്ലാമിൻ അത് കേട്ടല്ലോണ്ട് പറമ്പിലേക്കോ യാതൊരു ഫായിതയില്ലാതെ ഈ അർത്ഥം മാറ്റിവെക്കുന്നുണ്ട് ഉദാഹരണത്തിന് ബാത്നീയാക്കൾ എന്ന് പറഞ്ഞൊരു കുട്ടറുണ്ട് അവരൊക്കെ തെളിവിലാത്തിൽ പറയലുണ്ടെന്ന് അർത്ഥം മാറ്റി നോക്കി നിങ്ങളി പറഞ്ഞൊന്നല്ലും ഖുർഹാനിന്റെയോ ഹദീഫിന്റെയോ ആഹിറായ മായനുണ്ടല്ലോ ആ വാഹനപ്പെട്ട് തെറ്റിച്ചാൽ വിറൈലെത്തിസാമിൻ തി അതിലെ ഒരു ഉറച്ച ഒരാധാരമില്ലാതെ കണ്ട് മുൻകഴിഞ്ഞ നബിമാരോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിനൊരു പ്രത്യേക മാനദണ്ഡ ഇല്ലാതെ കണ്ട് ബിൻ അക്കലിൻ സാഹിബ് അതായത് എത്തി സാമ് സാഹിബ് എത്തോട്ട് നക്കൽ വേണം അത് മമിൻ വൈൽ നെറൂറത്തിൽ തതുറോയിലേക്ക് അതിലേക്ക് എത്തിക്കുന്ന ഒരു നെറൂറത്തും വേണം അതുമില്ലാതെ الله رؤيتم ده من دليل, أكلي أكلي من دليل الفال ألفال الله كله أكلية متو دليل اقتلاى ذالك اكلية دليل صنعه دليل الله كله منجمنا بجشاء الله إذا نجب هذا اقتلاى ذالك متلاى نثقت بالألفال ألفال قلت الله قلت الله شعباً لأرصم دوله أي أرصم الله دائمو ജനസാധനം എന്നാൽ ഇരുന്നു എന്നാണ് കാലം തന്നെ ഭക്ഷണം എന്നൊക്കെ ഉള്ള ഒരു മുസ്സുഖുണ്ടാവുമല്ലോ അതൊന്നല്ല എന്റെ അർത്ഥം ഇതെന്നല്ല ഇതല്ല ഇതന്നെ പിന്നീ പറഞ്ഞു തങ്ങളുടെയും അള്ളാഹുവിന്റെയും കലാമിന്റെ ആ മംഫായപ്പെടുകയാണ് ഇപ്പറഞ്ഞൊന്നല്ല ഇതിനെ വേണോ ഇപ്പറഞ്ഞൊന്നല്ല ഇന്ന വേന പറഞ്ഞെളുക്കുക പറയണം എവിടെ അവിടെ എത്തി താമസം സാഹിബു ഷർനെ തൊട്ട് നെക്ക് വേണം ഇങ്ങനെയാണ് അതിന്റെ അർത്ഥം വന്നിരിക്കുന്നത് അല്ലെങ്കിലോ ആക്ലി ആ ഒരു ധനീല് അതിലേക്ക് നെറൂറത്തോട് അവിടുത്തേക്ക് എത്തിച്ചിരിക്കുന്നു വേറെ ആ സാധ്യമേയല്ല ആ അർത്ഥം വെക്കാതെ അങ്ങനെയാണല്ലോ സഹിന്നമായ സഹമി മിൻഹു ലാ യൂസുഹി എന്തുകൊണ്ട് ഇവര് ഈ ഫഹമിലേക്ക് കടന്നു വന്നൊന്നുണ്ടല്ലോ ഇതാണ് എങ്ങനെ ഉറപ്പിക്കാനുണ്ടായി എന്തുകൊണ്ട് വൽ ബാത്തിന്റെ ആ ലോകത്ത് ബാത്തിന് പലതരയ്ക്കും മാറിക്കൊണ്ടിരിക്കൂലൊരിക്കു തോന്നുന്നു അങ്ങനെ ഒരിക്കലും തോന്നുന്നു ഇങ്ങനെ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥമുണ്ട് കവാത്തിര കവാത്തിരുകൾ എന്താകും ഒന്നിനൊന്ന് മാറി മാറി വരുന്നോർ അല്ല അർത്ഥമൊക്കെ കഴിയും തന്ത് വധുഹിൻസത്ത കവാത്തിരുകൾ മാറി വരുന്നതിനനുസരിച്ച് പല കോലത്തിൽ അർത്ഥം പൊക്കം കഴിയും അപ്പൊ ഏതർത്ഥാണ് ഇവിടെ പിടിക്കേണ്ടത് കിട്ടൂല ഠിനമായ വിദേശുന്നു ഇത് ഇതെന്തിനാ ഈ കൂട്ടം ഇങ്ങനെ ഉണ്ടാക്കുന്നു മറ്റുണ്ടാക്കുന്നു പർക്കട്ടിലില്ലാത്തതും തിരിയാക്കുന്നതുമായ അത്ഭുതങ്ങൾ ഇവിടെ ജനങ്ങളെ മുമ്പിൽ പ്രകടിപ്പിക്കണം ഒരാച്ചോക്ക് വർണ്ണങ്ങൾ വായന ഒരാച്ചോരാൾക്ക് വെച്ചിട്ടിരുന്ന് ഇയാൾക്ക് വരുന്നു ലോകന്മാർക്കുന്നില്ല ഇരുന്ന് ഇയാൾ ഇരുത്തി കൂടിയുണ്ടല്ലേ കിട്ടിയേ لأن النفوط مائلت للغريب لأن النفوط مائلت للغريب ومستلت له غريب للغريب للغريب وفي هذا الطريق تصل الباطنيت إذا كنت لأنا إذا كنت لأنا بجميع بطنيات لأنا نريل لأنا جميع الشريعة الشريعة مروا نبول كلا لأنا أراضي شر باطنيات لأن النبي تعزيل الله واحد <idée> ും വളപ്പിടിച്ചു അവർ അവരെ അനുസരിച്ചുകൊണ്ട് അതിനെ അർത്ഥം വെക്കാനും തുടങ്ങി കമാ ഹക്കൈനാഹിം അവരെ മതഹബന് നാം കിതാബിൽ മുസ്തഹ എന്ന കിതാബിൽ ഞാനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് മൂപ്പർ കിട്ടാബാണ് എന്തിനാൽ മുത്തന്ന സീർ മാതൃമിതാക്കൾക്ക് റദ്ദറയാൻ വേണ്ടി മൂപ്പർ തന്നെ രജിസരി കിതാബിനെപ്പറ്റി വിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് പുറത്തുള്ള മറുപടിയാണ് അതിന് ചെറുതു പറയാം വമസാല തഅവീനി അനിതാമാതി ഫാമാതിൻ അഹകാര തഅവീനി മിസാലയകന കൗലു ബാഹീം ഫീ തഅവീരി കൗലിഹി തആല അല്ലാന്റെ കൗലി ഇദ് ഹബീ ഇലാ ഫിറഔന ഇന്നഹു തഗവ വവൈസ അതെന്നന്ത ഒരു മൂത്ത നബി ഉണ്ട് ഒരു ഫിറഔൻ രാജാവ് ഉണ്ടായിരുന്നു ആ ഫിറഔനെ വെള്ളാട് കുട്ടിക്കൂടെ ഉണ്ട് വസാലഹി ഇസ്ലാമിനെ അവന്റെക്ക് വഹീ മുഖേന അറ്റിട്ടുണ്ടി ഇക്കനെ ലാഹില ഉള്ളത് ഇതെല്ലാം മുട്ടി തോറു പറയുന്നത് നുഷറാത്തു നിലാ ഖൽബി ഈ ഫിറഔൻ എന്ന കൽബല്ല തഗാ എന്ന് പറഞ്ഞാൽ കൽബിൻ പല തരത്തിലുള്ള സ്ഥിതികളാണ് മാറി മാറി വന്ന് അറിയുന്നത് അപ്പോൾ എന്താണ് തീരണുന്നണ്ടേ ഉണ്ടായിട്ടുള്ളത് എന്ന കൽപ്പന വകാല ഹുവൽ മുറാദബി ഫിറഔൻ ഫിറഔനെ എന്ന് പറഞ്ഞുകൊണ്ട് മുറാദ് എന്താണ് എന്ന കൽബല്ല വഹുവ താഗി ഇന്നഹു തഗാ എന്ന് പറഞ്ഞാൽ ഇ Insane ദുർഹയാൻ ഉണ്ടാകുമെ സാധനം അവന്റെ കൽബല്ല എന്ന് രാമനോട് വടി നൽകുന്നു എന്ന് പറഞ്ഞില്ലേ അസാന്ന് വന്നാഹി എല്ലാ സാധനം താരങ്ങളോന്നാന്ന് നിമ്മാല അല്ലാത്തുണ്ട് മാസം വന്നല്ല പഴം പതും എല്ലാം ചാടണോന്നോ അതിന്റെ വടീന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അതുപോലെ ഹദീതി അത്താൻ കഴിക്കുന്നതിന് പറക്കത്തിണ്ട് എന്ന് പറഞ്ഞു ആരാധബിഹി അതുകൊണ്ട് ഉദ്ദേശമോ അതിസഫാറത്തിൽ അഫ്ഹാർ വാദനാ സമിയത്തി സഫാറുന്നനവനേഞ്ഞായത അത്തായിക്കും എന്ന് പറഞ്ഞ വാന്താല ദാലിക ഇങ്ങനെ നാലാം ഹത്ത യഹസിഖുൽ ഖുർആന മിൻ അവവിലി ഇലാ ആഖിലി ഖുർആന അജ്മുൽ അവസാന മരും മുറുബദം തഹദീഫാതി അല്ലാഹെന്നപ്പെട്ടു വതഫ്സീരിഹുൽ മൻകൂന അനിബിനി അബ്ബാബിൻ വതയിൽ ഉലമായി റളിയല്ലാഹു അൻഹു നട നക്കണം ചെയ്യപ്പെട്ട മുഴുവൻ തസ്തി നർത്തം വളച്ചൊടിച്ചു കളഞ്ഞു തകുഹാദി തകവിയിലാത്ത മുസലാനു ചില തകവിയിലാത്ത് അത് മാറ്റിലാണെന്ന് അനുശേദ്യമായി പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും ആ തന്തിയിൽ ഫിറാവനാനൽ കൽവി ഉദാഹരണത്തിന് ഫിറാവൻ എന്ന് പറഞ്ഞ കൽബുനർത്തം വെച്ചത് വളരെ വ്യക്തമല്ല തെറ്റീനും കൽബിനാണ് ഫിറോ നർത്തമ ഫിറോനാണെങ്കിലെ കൽബുനർത്തങ്ങളും തിരിച്ചുണ്ടാവും ഫൈൻ നീർ അവനെ കാരണം ഫിറവൻ എന്നത് ശക്തൻ ഒരു ശക്തി തന്നെയായിരുന്നു മഹസൂസുൻ നാട്ടിൽ ജീവിച്ച മഹസൂസായി കണ്ടോണ്ട് കാണാവുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു തവാൻ നെക്കിളബി ഭുജോതി അങ്ങനെ ഒരു ചങ്ങായി ഉണ്ടായിരുന്നു എന്ന് മുതവാസ നാട്ടിനെത്തിൽ വന്നിട്ടുണ്ട് ഇത് സങ്കല്പിക്കൊന്നുമല്ലാമു ലഹു അലഹിസ്സലാം അവിടെ പോയിട്ട് ഓടെ ക്ഷണിച്ചു ഏതുപോലെ അബു ജഹലിനെ പോലെ അബൂ ലഹബിനെ പോലെ കൈനുൽ കുപ്പാറിനെ പോലെയൊക്കെ ജീവിച്ചു വിറ്റൽ തന്നെയാണത് ത്തിൽപ്പെട്ടതുപോലെ മിമ്മാലം ഇതൊക്കെ ബിൽ നെറ്റി കണ്ണോണ്ട് കാണപ്പെട്ടിട്ടില്ല എന്ന് പറയേണ്ടു അല്ലേ ഹറ്റാറ്റപ്പൊക്കെ തകവീലാദി എന്നങ്ങനെയല്ലേ അൽപാദനൊക്കെ തകവീലിയിൽ വളച്ചൊടിക്കുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെയാണ് തങ്ങൾ എന്ത് പറയുന്നത് ഞങ്ങൾ എത്ര പറഞ്ഞു പറഞ്ഞത് മഹലും മുരൽ റതാ എന്നുമാറൊക്കെ വർക്കത്താക്കപ്പെട്ട ഭക്ഷണത്തിലേക്ക് എല്ലാവരും വന്നിരിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പൊ ഭക്ഷണം തന്നെയാണ് ഏത് തത്തറു എന്ന് പറഞ്ഞത് മഹാദിയും മോറും ഇതൊരക്കും സമാർ കൊണ്ടും അറിയപ്പെട്ടതാണ് കൊണ്ടും മുത്തലാനുഹാ നക്കല നക്കലാൽ അതിന്റെ മുത്തലാനുതന്നെ അറിയപ്പെട്ടിട്ടുണ്ട് ഇരി വബഅദുഹാ തലദോ യുലമു ബിആരില്ലനി ഖഫൻ മത്ത നയത ഖഫൻ എന്നല്ല പറഞ്ഞത് ആലിബുള്ളനി മണ്ടകും ആബതിലൻ ബിരി യ വദാലിക അബട തീ ഉമൂറുല്ലാത അലക്കും ബിഹി ഹിസാത് മലിന്ദ ഹിസാത് പദിയാത കരംഗലണ്ടല്ല അബട തഖുല്ലു ദാലിക ഹറാമുൻ വമലാലതുൻ വഹിസാബുദ്ദീനി അലൽ ഖൽഖി പടപ്പുകൾ കേതിരെ ദീനിനെ ഫസാദാകലും മലാലതുമായ ഹറാമു തന്നിയാകുന്നോ ഇതെ വലം ഞുക്കൽ തൊട്ടോ തൊട്ടോ ഇങ്ങനെ വന്നിട്ടില്ല ഏതോടൊപ്പം ജനങ്ങളെ ദേവത്തിലേക്കും ബാല പറഞ്ഞയിലേക്കും പൂണ്ടുപിടിച്ചായിരുന്നില്ലേ ഇങ്ങനെയൊക്കെയായിരുന്നു ഓർ പറഞ്ഞിരുന്നത് പലായ അവനവന്റെ റെയ് ഉപയോഗിച്ചുകൊണ്ടൊരാള് ഖുർആാന സത്യെന്ന് പറഞ്ഞാൽ നരകത്തിലൂടെ ഇരിക്കണം എവിടെ നിന്നെ ബുക്ക് ചെയ്യട്ടെ എന്നാണ് പറഞ്ഞത് അവിടെ എത്താം കാത്ത കണ്ട് ഇവിടെ നിന്നെ വിദഗ്ദ്ധ ചെയ്തിരിക്കുന്നു എന്നാൽ ഈ പറഞ്ഞ ഭാഗത്തിന് എന്താർത്ഥം ഉണ്ടാവും പിന്നെ ഇഷ്ടം പോലെ ഉറക്കാൻ പറ്റുമെങ്കിൽ പിന്നെ അതീതിനെ തൊടിപ്പിച്ചതിന് വാല്യൂ ഇല്ല ഈ ശൈലി വേറെ ഏതാ ശൈലി ബഹുമാക്കൂനെ കറന്നുഹോ വളയു തകര ആദ്യന്താന്ന് ഇവനാതിരു വെറുതും ഒരു ആശയവും ഒരു ഇഷം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അതിന് മാറാതെ കണ്ട് അതിനൊപ്പിച്ചിട്ട് ബാക്കിയെല്ലാം വളർത്തുപിടിക്കാം അപ്പാശയത്തിനൊപ്പിച്ചിട്ട് ആയാതുകൾ വളക്കൽ പഴയ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല ആയാത്തിൽ നിന്ന് എന്താകട്ടെ മാനേസിലാണ് അതിനാദ്യം തന്നെ ഇഷങ്ങൾ ഉറപ്പിച്ച് വെച്ചിട്ട് അതിനടക്കം ആയാത്ത് ഇങ്ങനെയാ വേണ്ടി എന്നൊക്കെ മോട്ടിപ്പിടിക്കും ആകെ ചെരുപ്പു ഇത്തിരി കാലങ്ങൾ വ്യക്തിപ്പിക്കുകയും കണക്കാക്കിയത് ഖുർആാനിന്റെ സാക്ഷ്യമജനങ്ങൾ ഇതിലേക്ക് വിളിച്ചുകൊണ്ടിരും ഖുർആാനിന് എന്താക്കും ഇവന്റെ ആശയത്തിന്റെ മോളെ ചുമത്തും ഇവൻ പറയുന്ന ആശയത്തിന് ഒന്നിക്കില്ല സീ രോഗായ കലാലത്ത് വേണ്ടേ അതും ഉണ്ടാകില്ല അല്ലെങ്കിൽ ലക്കല് വേണ്ടേ അതുമില്ല മുസൽമൻ അറുസല്ലാന്ന് ആദ്യം ഉണ്ടപ്പറ്റി മെച്ചങ്ങൾ വിളിക്കണമെന്ന് നർത്തപ്പെട്ട മുന്നേ അതിന് അവിടെയുള്ളത് നം നോമ്മദ് അല്ലാറുണ്ടപ്പോ നിങ്ങൾ ഓറൂസ് കഴിക്കണം നർത്തം വെച്ച മതിയായിരുന്നു ആര് കഴിക്കണമെന്ന് അർത്തിവെച്ച് ഇനിയ ഹൃദകോട്ട് ഇനക്കേറ്റി വിടുകയല്ലേ അപ്പം പറയുന്നത് കുർഹാനിന് ബാസിനിയായ മയന ഇല്ലേന പിന്നെ ചോദിക്കുന്നു ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നാഹിറ നാഹിറായ നിർത്തിക്കൊണ്ട് തന്നെ അതിൽ നിന്ന് എന്താക്കും ക്രിയാസാത്തിക്കൊണ്ടും പഹമോ വെച്ചിട്ട് അപ്പൊ അവിടെ വളച്ചോടിയില്ല ഈ നാഹിർ നാരമ തന്നെ ഗമത്തിക്കൊണ്ട് ഇനി വനരായ മയനകൾ കിട്ടൂണാ മതി വ്യാപിപ്പിക്കുക എന്താ പറയുന്നു വനായം സുഹമം ഇന്നു ഞാനിപ്പറഞ്ഞതിൽ നിന്ന് നീക്ക് മനസ്സിലാക്കണ്ട ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞുകൂടാമെന്ന് വിചാരിക്കില്ല ഒരായത്തിന് ആയാത്തുകളിലുണ്ട് അസഹാഭിമാരത്തൊട്ട് മുതൽ തൊട്ട് അഞ്ച് ആറ് ഏഴ് മായനകളെ വരെ വന്ന വ്യാഖ്യാനങ്ങളുണ്ടായി അത് മുഴുവനും തങ്ങളുടെ പൊക്കെന്ന് കേട്ടുപിടിച്ചതാണ് എന്ന് വെക്കാൻ നമുക്ക് തിരിയുന്നില്ല തക്കപൊരു എന്ന് മാത്രമല്ല ഈ വിവിധങ്ങളായ മായനകൾ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി കഴിയാത്ത രീതിയിൽ വിവിധങ്ങളായ ശൈലിൽ കൂടിയാ പോയിച്ചതും കാണും കൊലക്കോനു താടിക്ക മുത്തം പത്തം തോലേൽപ്പിക്കേറും ആഴത്തിലുള്ള പഠനവും നീണ്ട തിക്റും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ല പറമ്പ് കൊണ്ട് ഇറ്റിമ്പാ ചെയ്യപ്പെട്ട അനിയാണെന്നാണ് അതിന് മനസ്സിലാക്കാൻ കഴിയും പറഞ്ഞത് കൊടുക്കണം ഏതൊക്കെ നേതാജിക്ക് ഉദ്ദേശിക്കുന്നത് വിശാലമായ അതിന് മാത്രമല്ല ഖുർആാനിന്റെ തകുവിയിലെ നീ പഠിപ്പിക്കുകയും വേണം എന്ന് തങ്ങൾക്ക് വരുന്നതാണ് ുംദാക്കി തെളിവിലൊക്കെ വളച്ചൊടിച്ചിട്ടുണ്ടാക്കാം സമ്മതിക്കുന്നു ഇതൊന്നും ലഭിന്റെ മുറാതായം ആനയല്ല എന്നോർ സമ്മതിക്കലോടൊപ്പം തന്നെ എന്ന് പറയുന്നുണ്ട് ഇതെല്ലാം വളച്ചൊടിക്കാം അവൻ ബാധിക്കുന്ന അന്നഹുൽ ഹാലി ഹാലത്തിലേക്ക് ഹലക്കുകൾ ക്ഷണിക്കലാണ് നമ്മൾ വെച്ചു എന്നരത്തെ കളു വന്നിട്ട് ക്ഷണിക്കാന്ന് പറഞ്ഞോക്കെ ഏത് അത് നീനിലില്ലാത്ത വെച്ചുകെട്ടാം എന്ന് നേരത്തെ കുട്ടർ പറഞ്ഞില്ലേ ആ അതിന് തുല്യമായ വാദം തന്നെ ആളെ ക്ഷണിക്കാൻ പാടില്ല ഇങ്ങനത്തെ അൽഫാം നല്ല ഉണ്ടാക്കണം എന്നാലേ കൊച്ചു ബമ്പ് കിട്ടും കൊച്ചാട് വന്നിരിക്കൂ എന്നാലും പറഞ്ഞതാണ് അതിനൊരു പാത്രം നെയ്ച്ചൂർ കൊണ്ടുവച്ചാ പോരേ കഴിഞ്ഞ പാട് വളമ്പോന്ന് പറഞ്ഞു അന്നേരം വരും ഇല്ലേ അല്ലെ പണ്ട് വണ്ടിക്കുട്ടിയൊക്കെ സാരി പോഞ്ചിയോ കൊറേ ക്ലാസ് കഴിക്കടെ കൊണ്ടുവരണം ഇപ്പം ചായ വീട്ടും ചായ വീത്തും എല്ലാം കഴിഞ്ഞ് വെറുതും കഴിഞ്ഞ് ആമിയും മുത്തി വീട്ടിപ്പറിയുമ്പോൾ എന്തുകൊണ്ട് ഇരുത്ത് لما هو في نفسه حق ولا كلم كل ينطق به الشرع كمن يمع في كل مسئلة يراها حقا حديثا عن النبي صلى الله عليه وسلم رأى عندما يقولون لك في نفس الحق يصابر فشان شرعيه عنده وضعه الله في نفس الحق شرعيه عنده قريبه وضعه الحديث من الدكتور دعا يقولون إذا مرنا ല്ലേ ശരിയല്ലേ ഇവട്ടന്നെ ഒരു ഹരീസങ് ഉണ്ടാക്കി വെച്ചിരുന്നു ബാബിനെ ഹരീസൻ ഹരീസേ പണ്ട് ബേദിനെക്കാൻ വേണ്ടി ഒരു കട്ടടക്കാരൻ വന്നോ ജുമായു അപ്പൊ ഇത് ചെലവാണ്ടേ മുലർക്കാനും കണ്ടുപോയ പോലെ നിങ്ങൾ ഒന്ന് വെറുതെ പതിനായിരം രീതിയിൽ ഹരീസം വന്നിട്ടണം എന്നാൽ ജുമാണല്ലേ മാങ്ങി തീരുവല്ലോ അങ്ങനെ ബാധിക്കൊന്ന് ഞാനിപ്പോ മിച്ചത്തേക്ക് നോക്കുമ്പോ എന്നെ കണ്ടു പറഞ്ഞിരിക്കും പ്രത്യക്ഷമായ ഒരു ഹരീസിലേക്കാണു മെയിൻ കൊണ്ടല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഹരീസം കണ്ടാക്കി അതിന്റെ സുന്നാലുണ്ടാകുന്ന പളായലൊക്കെ പറഞ്ഞു നോക്കുമ്പോടെ കിട്ടാത്ത മിച്ചത്തും അഞ്ചു മിനിറ്റുള്ള പാകം തീർന്നു ഉള്ളത് പക്ഷെ ഹക്കാന്ന് പറഞ്ഞിരിക്കും പക്ഷെ പക്ഷെ നബീസണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടോ അതാ നമുക്കറിയണേ ഇതിനെ കളിയുന്നു ഹക്കായിട്ടോ എന്നിട്ടോ ഹരീസൻ ഹരീസൻ ഉണ്ടാക്കി കൊളക്കുകൾ മുല്ലക്കമ്മ ഹീസിനൊക്കെ നട്ട് കളിയേ ഇത് കഠിനമായ ദുർമാകുന്നു തങ്ങളുടെ കടുത്ത താക്കീതിൽപ്പെടുന്നതുമാണ് മങ്കും നേരത്തെ ഖുറാനപറ്റി പറഞ്ഞത് എന്റെ പേരിൽ ഒരാൾ കളവ് കെട്ടിച്ചമച്ചിട്ടുണ്ടെങ്കിൽ നരകത്തിലുള്ള സീറ്റ് ബുക്ക് ചെയ്ത് കൊള്ളട്ടെ എന്ന് പറഞ്ഞു മാത്രമല്ല ഈ തരത്തിലുള്ള അൽഫാദുകളെ തെളിവേല് ചെയ്യില്ലാതെ ഏറ്റവും കഠിനം വെച്ച് കിട്ടുന്നതിനും കടുപ്പേതാണ് ഉള്ളതിന് തെളിവില് കൊടുത്തില്ല എടുത്തില്ല മറ്റേ സീനത്തിൽ അക്കാൻ സാധനത്തിന്റെ ഉടനെ അതീ കൊണ്ടരത്തില്ലേ ഒരു അറബി അൽഫാമുണ്ടാക്കിട്ട് ആക്കിമറിക്ക പക്ഷെ ഒരു കട വന്നിട്ട് പറയാം അത് ചെയ്യാന്നല്ല ഇത് ബാഹിറായനെ വളച്ചൊടിക്കലാണ് ഏറ്റവും പ്രയാസം കാരണം അൽഫാന്ന് കൊണ്ടുള്ള ചിക്കത്തിന് ഇല്ലാണ്ടായിക്കളിയും ചിക്കത്തിനെ ഇല്ലാണ്ടാക്കുന്നില്ല അൽഫാദ് കൊണ്ടുള്ള മുത്തൂക്കുണ്ടാവൂല ലഫത്തിന്റെ ഒരു മാന ഉണ്ടാവില്ല എപ്പോഴും ലോമിയായ മാന ആ മാന കറുത്ത ഉണ്ടാവില്ലല്ലോ അതാണ് ഇതൊന്നെല്ലാം ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനി വേറെന്തോ ഉദ്ദേശം വരണ്ടേ ഇപ്പം മാന പറയാനായിട്ടില്ലല്ലീയ അതുപോലെ ഖുർആനീന്നുള്ള പഹമ് ഇതിന്റെ അതായത് ഈ രക്തം ഉപയോഗിച്ചുകൊണ്ട് മാന പറയുന്ന എല്ലാം നഷ്ടപ്പെടുവല്ല ബിൽക്കുല്ല കൂട്ടറുണ്ടല്ല അവരെ ചൈത്താൻ എപ്രകാരമാണ് നല്ല മാർഗത്തിൽ നിന്നും മധുമത്തിലേക്ക് തിരിച്ചുവിട്ടത് എന്ന് മനസ്സിലാക്കിയെ ജനങ്ങൾ ക്ഷണിക്കാനാണെന്നു പോലും ഇൽപിതാനാന്ന് പോലും ഇവരുടെ ലക്ഷ്യം തബക്കീറാന്നല്ലേ ഇവരുടെ വിഷയം തുടങ്ങി തവക്കീറുമ്പോഴല്ലേ കയറിയത് തബക്കി ഉള്ളതല്ലേ കഥകളുണ്ട് ഷേരുണ്ട് താമസത്തിൻ്റെ തുടങ്ങി തൽബീസിൽ നിന്ന് ഉടലെടുത്തതാണ് മാറ്റിവെക്കലി ഓരോ പേരിൽ നിന്ന് മഷഹൂറായ പുരാണിബുലി ഫുലാബിലും പറഞ്ഞ പോലെ പുരുഷാരനും കൊടുത്തിട്ട് ഓറന്റെ പൈസ മുതലിട്ട് ഓറന്റെ തപ്പി കണ്ടിട്ടുണ്ടാവുകയില്ലേ ആ മഷുകൂറായ പേര് ഏറ്റുമാർഗം ചെയ്തിട്ട് നിന്നെ പിൻപറ്റാൻ കഴിഞ്ഞാൽ എന്താണ് കഴിഞ്ഞു പോയിട്ടുള്ളത് എന്ന് നീ നോക്കാതെ കണ്ട് ഈ കണ്ടെ മാത്രം പിൻപറ്റിയാറി ഹക്കീമെന്ന് പേരിൽ അറിയപ്പെടുന്ന ഒരാളുണ്ട് ഇത് ഓറ് കാട്ടുന്ന നല്ല ഐക്യുമത്തായിരിക്കും അർത്ഥം പറ്റി എന്തായിരിക്കും എന്റെ ഓരോ ഓറ് കാട്ടുന്ന ഇങ്ങനെ പഠിക്കണേ അപ്പൊ വീണ നല്ല കളിപ്പഴച്ചർത്ഥം കാലിൽ പത്തി വീണെല്ലാം കളിപ്പയച്ചിളി കളിച്ചെല്ലാം കളിയാന്ന് ചോദിച്ചു അങ്ങനെ വീണപ്പാ അതൊരു കളി പഴച്ചാന്ന് പറയാ എന്തോ ഇതല്ല ഇപ്പൊ ഈ സംഘടന ചെയ്തൊക്കെ മറന്നിപ്പറ്റിയാ കിട്ടിയാ ിൽ എന്ത് നടന്നു എന്ന് നോക്കുന്നില്ല ഇവരെ മസൂദായ പേരുകേട്ട് അതിനോളെ എത്തി മാത്രം ചെയ്ത് ബിമ്പ നടക്കന്നെ എന്നാ കൊണ്ട് ഹിക്കിമത്തിനെ പേടി ആരെ ഹക്കീമെന്ന് പേരുള്ളതെ ഏ ഹക്കീം എന്നുള്ള പേര് സാറേത്രാലത്ത് ഈ കാലഘട്ടത്തിൽ കുറായിപ്പറിന്റെ ഹിക്കിമത്തിൽ ആക്കല്ല പറയാ ജോൽസിന്റെ ഹക്കീം എന്ന പേരുണ്ട് ഷായറിന്റെ ഹക്കീമെന്നു പേരുണ്ട് മുലക്കിമു ജോലിക്കാൻ ഒരിക്കുമ്പക്കീം ഹത്താറല്ലൊരി പോകുന്ന വഴിയിലുണ്ടാകും സവാദി ഓന്റെ കൈമിലുണ്ടാവും ചീട്ട് ചീട്ട് മറിച്ചിട്ട് ഓന്റെ പേര് ഹക്കീമെന്നാണ് ഹിക്കുമ്പോ ഹിക്മത്ത് കളിക്കാൻ പോകുന്ന ഒൻ ചൂട്ടി ഹിക്മത്തല്ലേ പക്ഷെ വൽഹിക്കുമ്പോ ഈ എല്ലാത്തി അച്ഛനല്ലാത്തവരല്ലാതെ ശരിയായ്മെ അള്ളാഹുമായ പുകഴ്ത്തലിക്ക്ണ്ട് അതുണ്ടോ ഇവന് പറയട്ടെ നിന്റെ പേരെന്താക്യം ചെയ്യുന്നല്ലേ അക്യൂ അത് വേർതിരിക്കാനും മാർഗമുണ്ട് കാത്തിന് ശബ്ദുണ്ടാവും അതിൽ എക്തി സാനുണ്ടാവും ആ താക്ക് ശബ്ദമാണ് അവിടെ എന്തോന്നുണ്ട് മനസ്സിലാക്കാം അത് അള്ളാഹസുണ്ട് കത്തീപുണ്ട് പണ്ഡിത ആരുണ്ട് താക്ക് ശബ്ദം കത്തീബുണ്ട് ശബ്ദം മദ്ദുണ്ട് അപ്പൊ ശരിയായ ഹിക്കുമത്ത അള്ളാഹു മഹാനുമല്ല യുഗത്തിൽ ഹിക്കുമത്തുണ്ടല്ലോ അതൊന്നുമല്ല ഇവരുടെ കൈമിലുള്ള ഹിക്കുമത്ത് അത് മുഖാന അല്ലേ ഹക്കിംജിന്ന് ഹക്കിം ജി ആയതും ഹെക്കുമത്തിരു യും ഹത്തിന്റെ ഒരു കലിമത്ത് പഠിക്കുന്നു സകലതും കിട്ടുന്നതിനേക്കാൾ ഹൈറായിക്കും അങ്ങനത്തെ ഹിക്കുമത് അതാണല്ലോ ഹിക്കമിലുള്ളത് അമ്മയിലുണ്ടല്ലോ താരീഫ് എന്നിട്ട് ഈ ഹാഹായത്തിന്റെ തറങ്ങാൻ വാഹലത്തീൻ കബീഹത്തിൻ അത അതിന ഹിക്കുമേരെല്ലാം ഇസ്തിഫാക്കല്ല അതിലുണ്ടാക്കിയെങ്കിലും കലോദിച്ച് ചേട്ടക്കാർ ആർക്കും അതിനോട് ഇങ്കാറും അറിയാണ് ആരിക്കും സാധിച്ചിട്ടില്ലല്ലോ അതിങ്ങനെ ഒരുക്കോട്ട് കഴിഞ്ഞു കറക്റ്റ് പറഞ്ഞാത്ത ചെറിയത് എന്തിനത്തൊട്ട ഇബാറത്താണെന്ന് ഇവിടെ ചിന്തിച്ചു വെച്ചു ഇന്നിവിടെ റോട്ടിനെ അരക്കുന്ന കളിക്കുന്ന മേരിക്കുമത്ത് ചികിത്സിക്കുന്ന ആളെ എക്കിമത്ത് വിനായ്മക്കുന്ന ആൾക്കെ എക്കിമത്ത് ജ്യോതിസും ഹിക് ിൽ പറയപ്പെട്ട ഹിക്കിമത്തി നീക്കപ്പെട്ടു അർത്ഥം മാറ്റി വെക്കപ്പെട്ടു ആലോചിച്ചു അൽഫാദുകൾ ബാക്കി അഞ്ചിലൊടുങ്ങുന്നില്ല അൽപട്ടാൽ നിന്ന് തിരിക്കത്ത് തിരിക്കത്ത് തന്നറിയുമ്പോ കേൾക്കട്ടാണ് ഇന്നുള്ള ഈ കളിയാണ് മയകാലത്തെ തിരിക്കത്തെന്ന് മനസ്സിലാക്കും ഈട്ടയായ വിനമാക്കന്മാര് ജനങ്ങളെ കബളിപ്പിച്ച ആ സർവീസാത്തുകൊണ്ട് ഭജനയിൽ കൊടുങ്ങലിനെത്തോട്ട് നീ കരുതിയിരുന്നവനേൻ്റെ ആദമീൻമാരെനാക്കണ ആദമാണ് ഓര ശർവതയും ധീരന് വാദിക്കുന്നത് ഇത് അഭിഭാസിതയും യഥദർവത വിനന്ദിതും കാരണം ശൈപ്പാനി കൽബിൽ നിന്ന് ധീനെ ഊതിയെടുക്കാൻ വേണ്ടി ആര്യ വാസത്തിലേക്കുന്ന ഇത്തരക്കാരെയാ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ചെലവാക്കുന്നത് എനിക്ക് നേരെ വരേണ്ടി ചെയ്താൽ പടസുകളിൽ നിന്ന് ആര് എന്ന് ചോദിച്ചു തങ്ങൾ മറുപടി പറയാതെ അള്ളാഹും മഹഫീരൻ ആവർത്തിച്ചോണ്ടേയിരുന്നു അവസാന നിർബന്ധമായി ചോദിച്ച പടം മാസുകാണെന്ന് പറഞ്ഞത് തങ്ങൾ അവസാനത്തിന് മറുപടി തങ്ങൾ പറയാൻ തന്നെ തയ്യാറായില്ല പാഠം തീർക്കാനാകുന്നു മഹമൂദായി മതുമോത് ഏ മഹമൂദും മഹ്മൂദും തമ്മിൽ പാസ്സാകാനുള്ള കാരണം മേത് എന്നല്ലാന്ന് എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞല്ലോ എന്തൊരിമാരിമാ വൈലേക്കൽ ഹയ്യാറേ തെരഞ്ഞെടുക്കൽ നീയാണ് ഞാനൊന്നും അടിച്ചിരിപ്പിക്കാൻ നിൽക്കുന്നില്ല തീയൻ തമ്പുരൽ നപ്റ്റിക്കാൻ നിന്റെ നപ്സിന്റെ ഗുണകരമായ ഏത് പോകണോന്ന് നീക്ക് തെരഞ്ഞെടുക്കാം തട്ട ദീ ബിസ്തനോട് ബിമ്പോ അത് നീ തിരഞ്ഞെടുക്കുക ആ ഊട്ടം എല്ലാ ബിഹാബിദുൽ എല്ലാ കുറൂറിന്റെ കാര്യങ്ങൾക്ക് ഉടുങ്ങിയിട്ട് കുണ്ടിലേക്ക് പോകണോ എന്നുള്ളതും നീ തീരുമാനിച്ചുകൊള്ളാം തസ്ബിൾ ഖലഫിനോട് തെമ്പുമായിട്ട് കുണ്ടിൽ പോകണോന്ന് അത് നീ തീരുമാനിച്ചുകൊള്ളാം ിഹ്യങ്ങളായ മഹാൻമാർമിൽ നിന്ന് വളരെ തൃപ്തിപ്പെട്ട് പൊരുത്തപ്പെട്ട് തെരഞ്ഞെടുത്ത കാര്യങ്ങൾ പലതും ഇന്ന് തേഞ്ഞുവാങ്ങി പോയിരിക്കുന്നു ജനങ്ങളിൽ നിന്ന് മുഖംകുത്തി വീഴ്ത്ത് കൃഷിമറിയുന്ന ചില വിഷയങ്ങളുണ്ട് അതിൽപ്പെട്ട അധികവും വെറും വിദേഹത്തും മാത്രമാകുന്നു ൾ പറഞ്ഞ പുലർന്നിരിക്കുക ഇസ്ലാം ഹരീബായി കൊണ്ട് ഉടലെടുത്ത് എനിക്ക് ഹരീബായി മടങ്ങുന്നൊരു കാലമുണ്ട് എന്ന് പറഞ്ഞ കാലത്തിലേക്ക് എത്തിച്ചിരിക്കും എപ്പൊ കൊല്ലം ആയിരം കഴിഞ്ഞ് പറഞ്ഞു പറയുമ്പോ കൊല്ലായിരം അതുകൊണ്ട് ഇന്നാണ് തൂപ കാരണം അന്നും ഇന്നു കാണുന്നതിൽ മാറ്റപ്പെട്ടു കൊണ്ട് ഒരു പെസലായി നീങ്ങുമ്പോ കറാപത്തു വരില്ല ഇപ്പൊ ഞാൻ ഇന്ന് അള കൂട്ടാൻ ഉണ്ടാവില്ലല്ല കാര്യമായിട്ട് ഉണ്ടാവും ആളെ തുച്ഛം ലക്ഷം ലക്ഷം ഒന്നും കിട്ടൂല ഉം മാർക്കറ്റിൽ നീ വാങ്ങാൻ പോയത് മയ്യത്ത് ഇപ്പൊ ഇപ്പൊ തന്നെ സമയങ്ങളെന്താണെന്ന് ഉം എധാറത്ത് പോണമോ രുദാഹാരത്തുള്ള സ്ഥലം പോകണമോ സൂക്കിന് പറ്റോ അതൊന്നും നോക്കണ്ട ആൾ കിട്ടിയരനെ കളിയണ്ടപ്പോ അതീപായി ജീവിക്കുന്ന ആളുകൾക്ക് മംഗളം എന്നാ പറഞ്ഞത് ഏ അദീപന്മാരെ ഇപ്പൊ കീട മമ്മനിൽ കുറവാ തങ്ങൾ മംഗള ആശംസിച്ച കുറബാക ആരാണ് ചോദിച്ചു എന്റെ സുന്നസികളിൽ നിന്ന് ജനങ്ങൾ പ്രസാദാക്കി കളഞ്ഞതിനെല്ലാം അതിന് വേരിയാക്കി നിലനിർത്തിക്കൊണ്ടുവരുന്ന ആളുകളാണ് വല്ലതീനെ യുണിയൂനമാത്തൂഹും ഈ സുന്നത്തി എന്റെ സുന്നത്തിൽ നിന്ന് മരിപ്പിച്ച് കളഞ്ഞെ അയാത്തിട്ടു കൊടുക്കുന്ന ആളുകളാരുണ്ടോ അവരാണ് കുറബാറ് പതിയാഹറ മറ്റൊരുവ റ്റു മുത്തമസ്വും അസാന്തല്ലേ പറയുന്നു ഇന്ന് നിങ്ങൾ എന്തിനെ മൃഗപ്പിടിച്ചോ അതിനെ അന്ന് മൃഗ പിടിക്കുന്ന ആളുകൾ ആരാണോ അവരാണ് ഉറപ്പാകുന്ന പറഞ്ഞത് ഇതപ്പന്നല്ലേ പറയുന്നത് ഇന്ന് നിങ്ങൾ മൃഗപ്പിടിച്ചുണ്ടല്ലോ ഇത് അന്ന് മൃഗപ്പിടിക്കുന്ന ആളുകൾ ആരായിരിക്കും ഉറപ്പാകായിരിക്കും ും ധാരാളം ആളുകളുണ്ട് അവിടെ സാലിഹീനങ്ങളായ കുറച്ചാണ്ട് അവരുടെ ഉറബാകിന് അങ്ങനെയുണ്ട് ഹദീഫിന് നാസും കസീറുണ്ട് സാലിഹീനായ കുറച്ചാണ് തവും പിൻഹൽക്കി പടപ്പുകളിൽ നിന്ന് അവരോട് അനിഷ്ടം വെച്ചപ്പെടുത്തുന്നവരായിരിക്കും മക്കത്തറമി യുടിബുവും അവരെ സ്നേഹിക്കുന്ന ആളുകളെയൊക്കെ കൂടെ ആരാന്ന് അവരോട് മെറുപ്പോർ എടുത്തിരിക്കുന്ന ആളെ ഉണ്ടാവുന്നു അവർ ഇഷ്ടപ്പെടാൻ ആളുണ്ടാവൂല ഇവർ പറയുന്നൊന്നും ആക് യോജിക്കൂല ആ വീണ് വർക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമാവില്ല ഏ നിങ്ങൾക്കെ വിജയം നിസ്വാറത്തിൽ ആ പറയപ്പെട്ട മുൻകഴിഞ്ഞ ഒരുമെല്ലാം ഇന്ന് കരീബായി മാറിപ്പോയി വിഹയിത് ഞം ആക്കീർഹാദിനെ പറയുന്ന ആളോടന്നെ ആ അന്ന് പറയേണ്ട ഇപ്പൊ ഇച്ഛാതിപ്പിച്ചു വരണം നാം ഏതെങ്കിലും ഒരാളിമിന്നി ധാരാളം സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ പാലം മന്നഹോ മുഹല്ലത്തോ നാലത്തിൽ തുടങ്ങിയ ഒരാൾക്കാന്ന് മനസ്സിലാക്കി പോകുന്നു എന്നാണ് ധാരാളം ജനക്കൂട്ടം ലക്ഷൻ ലക്ഷോ പിന്നാലെ കാണുന്നോ വ മുഹല്ലത്തായ ആളാണ് എന്ന് മനസ്സിലാക്കി ഓണി എന്തുകൊണ്ട് ഞാൻ ഇന്നത്തെ കമ്പനി ഓണെ അക്ക് പറയൂല അക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇത്ര ആളെ ചുറ്റും ചെയ്യൂല ഇത്രയും ആളെ കിട്ടി സുഹമില്ലാത്ത ആളായതുകൊണ്ട് മാത്രം എത്തിന്റെ ആളുകളെ പിന്നാലെ കിട്ടാൻ കാരണം എന്താ പറയുക വെർതിയ അയ്യോ മണ്ണിലെന്ന് പറയുന്നത് ഊട്ടിക്കൊള്ളുന്നു കത്തിക്കൊള്ളതിനും പറഞ്ഞ് ബെർദിയാണ് കാലിൻ പണ്ട് ചേരാൻ തുടങ്ങിയില്ലേ ഘട്ടത്തിൽ കുറച്ചിലുണ്ട് പിന്നെ ഗസാലി മാമ കച്ചിന്റെ ആളല്ലേ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ തെളിയിക്കപ്പെടാവുന്നൊരു ഓപ്പറേഷനെ പറ്റി എനിക്ക് നാലും പറഞ്ഞിട്ടുണ്ട് അതിന്റെ ആവശ്യമില്ലതാണെന്ന് ശരീരത്തിന്റെ ഒരു പാർട്സിനെ കുറിച്ചിട്ടുണ്ട് ചെന്നൊരു ഡോക്ടർ പറഞ്ഞത് സുഖ ഡോക്ടർ പറയുമ്പോ ഇത് സമ്മതിക്കാൻ നിവൃത്തിയില്ലല്ലോ ഇന്നത്തെ ശാസ്ത്രം സമ്മതിക്കാൻ ഇന്നില്ലല്ലോ പക്ഷെ എന്നാലും ഇമാമ് പറഞ്ഞതിനെ ഞാൻ എതിർത്തുന്നില്ല ഞാൻ അന്വേഷണം മൂന്ന് ദിവസം അന്വേഷിച്ചതിന് ശേഷം സുഖദിവസം പോയിട്ട് ഇങ്ങനെ വെച്ചിട്ട് കിട്ടാൻ തിരിച്ചിരിക്കുന്നു ഞാൻ ചെന്ന ഡോക്ടർ അത്ഭുതം തന്നെ അത്ഭുതം തന്നെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഇരുപതാം നൂറ്റാണ്ടിൽ ഇപ്പോ ഇപ്പത്തെ രണ്ടായിട്ടാണ് ഈ കാലത്ത് പ്രായോഗികളും അങ്ങനത്തെ ഒരു ഓപ്പറേഷനിലേക്കാണ് ഓപ്പറ കലാം ഇംഗ്ലീഷ് ഞാൻ മുഖ്യ ഒരു വിഷുണ്ട് അത് വിജയപ്രദമായാൽ ഇമാമ പറഞ്ഞത് പുലർന്നു ചോദിക്കുന്നു നോക്കാനുള്ള ഭൂതക്കണ്ണാടിയില്ല ഓപ്പറേഷൻ കുന്നിൽ തുന്നി കൂട്ടാനുള്ള നൂലും ഒരു ബ്ലേഡ് പോലും കണ്ടുപിടിക്കപ്പെടാത്ത കാലത്ത് ഇത്രയും ആഴത്തിരി ഇതിനെ കുറിച്ച് പറയാൻ ഊഫർക്ക് എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് ഞാൻ അത്ഭുതപ്പെട്ടത് നമ്മ നടക്കുന്നൊരു മസീദക്ക് എന്തായത് ഇതൊരു വിഷയത്തിലെ വർദ്ധാൽ ഇങ്ങനെ കശ്രീ എത്ര മാത്രം ആഴത്തില്ലതാണ് പറയുന്നില്ല നമുക്ക് പറയുന്നു ചെരുത്ത് അത് മതി